വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ നിങ്ങളുടെ കൈവശമുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക ഞങ്ങൾ മുഖങ്ങൾ മായ്ച്ചു അവയെ പിന്നിലേക്ക് തിരിച്ചു കളയുന്നതിനു മുമ്പും ശനിയാഴ്ചക്കാർക്ക് നൽകിയ ശാപം പോലെ അവരെ ശപിക്കുന്നതിനു മുമ്പും നിങ്ങളത് ചെയ്യുക അള്ളാഹു സുബഹാനഹുവലായുടെ കൽപ്പന നടപ്പിലാക്കപ്പെടുന്നതാണ്